ദൈവനാമത്തിന് മഹത്വം കൂടുതൽ ആൾക്ക് ആൾക്കാർക്ക് സാക്ഷ്യം പറയുവാൻ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ ഒരു പനീയ യാഗത്തെപ്പറ്റിയും നൊടിയുടെ ഉള്ള ഒരു ലഘുവായ കഷ്ടത്തെപ്പറ്റിയുമൊക്കെ നമ്മുടെ സ്വയം ജീവൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങളാണ് നാം കേട്ടത് ഇപ്പോഴും സ്വയത്തിന് മരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഭയമാണ് നമുക്കിഷ്ടമുള്ള കാര്യമല്ല നമ്മൾ ചില സാഹചര്യങ്ങളോട് കടന്നു പോകണം നമുക്ക് ഇഷ്ടമില്ലാത്ത ചിലരോട് നമുക്ക് ക്ഷമ ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ അതൊരു കഷ്ടമുണ്ട് അതിനകത്തൊരു കഷ്ടമുണ്ട് എന്ന് നാം കേട്ടു പക്ഷെ കർത്താവ് താന് മുപ്പത്തിമൂന്നര വർഷം ഈ ഭൂമിയിൽ താനും ഒരു നിരത്ത് വീണ വിത്ത് പോലെ മുപ്പത്തിമൂന്നര വർഷവും ഇവിടെയായിരുന്നു തൻ്റെ ജീവിതവും പൂർണ്ണമായും പിതാവിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിനായിട്ട് ഒരു പാനീയയാഗമായിട്ട് സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു താൻ ഈ ലോകത്തിലേക്ക് വന്ന ദിവസം മുതൽ താൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന വരെയും നിലത്ത് വീണ ഒരു ഗോതമ്പ പോലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അതിൻ്റെ കമ്പിനേഷനായിട്ട് ആ നിലത്ത് കിടന്ന ആ ഗോതമ്പ് പണി അഴുകേണ്ടതിനായിട്ട് അല്ലെങ്കിൽ തൻ്റെ അവസാന ആ മനുഷ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആ ക്രൂശീകരണത്തിനായിട്ട് തന്നെ പോകുന്നതിന് മുമ്പ് യേശു കാര്യം തൻ്റെ ശിഷ്യന്മാരു പറയുന്നുണ്ട് തൻ്റെ പിതാവിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിനായിട്ട് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും കാൽവരിയിലേക്ക് ആ കുരിശിലേക്ക് പോകുമ്പോൾ കർത്താവിനും നമ്മളിപ്പോൾ കേട്ടതുപോലെ അത് തികച്ചും ബുദ്ധിമുട്ടുള്ള വേദനയുള്ള അല്ലെങ്കിൽ താൻ ഒരുപരിവരെ ഭയപ്പെട്ട ഒരു സമയങ്ങളായിരുന്നു അത് ഒന്ന് പിതാവുമായിട്ടുള്ള കൂട്ടായ്മ മറിച്ച് ഞാൻ കടന്നു പോകേണ്ട പിതാവുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ വരാൻ പോകുന്ന ആ തകർച്ച അല്ലെങ്കിൽ അകൽച്ച അല്ലെങ്കിൽ ആ വേർപാട് ഇതെല്ലാം ഒരു മനുഷ്യനെന്ന നിലയിൽ തനിക്ക് താങ്ങാവുന്നതിന് അപ്പുറത്തായിരുന്നു അവിടെ കഥാ കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറയുന്ന ഇങ്ങനെയാണ് യോഹനാൻ രസവിശേഷം പതിനാറാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് പതിനാറിൻ്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണും ഇതേക്കുറിച്ച് ശിഷ്യന്മാർക്കെല്ലാം വളരെ ഒരാശങ്കയാണ് ആ വാക്കുകൾ അവർക്ക് മനസ്സിലായില്ല പതിനെട്ടാം വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിക്കുന്നു ഈ കുറഞ്ഞൊന്ന് ഈ പറയുന്നത് എന്താകുന്നു കുറഞ്ഞൊന്ന് എന്ന് ഇവനീ പറയുന്നത് എന്താ അവർ ആശങ്ക ആകില്ല ഒന്നാമതേ യഹോദര അതിന് മേലക്ഷയന്മാരും ഒക്കെ തങ്ങൾക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു ഈ കത്താവിനെ കണ്ട് മാത്രമാണ് അവരുടെ പിടിച്ചു നിൽപ്പ് ഈ കർത്താവ് കുറച്ച് സമയത്തേക്ക് മാറിപ്പോയാൽ അവർക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്താണ് അവർക്ക് താങ്ങാനൊരു കത്താവിൻ്റെ മഹത്തീകരണം കാണുന്നതിന് മുമ്പ് ആ പാവപ്പെട്ട ശിഷ്യന്മാർക്ക് എടുക്കാവുന്നതിലധികമാണ് അവിടെ അവിടെ തൻ്റെ ആ സ്വയം ജീവൻ പൂർണമായും പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുന്ന ആ പാനീയ യാഗത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഈ കുറഞ്ഞൊന്ന് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതായി നാം കാണുന്നു അതേക്കുറിച്ച് കത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഈ സംശയത്തിന് മനോഹരമായ ഒരു സാദൃശ്യം കൊടുക്കുന്നു എന്ന് കാണാം താഴെ ഇരുപത്തൊന്നാം വാക്യത്തിൽ നമുക്ക് ആ സാദൃശ്യം നോക്കുക ഒരു സ്ത്രീയുടെ പ്രസവം ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നത് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പുറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല എത്ര മനോഹരമായ ഒരു ചിത്രമാണ് ഈ സ്വയം ജീവൻ്റെ മരണത്തിനായിട്ട് അല്ലെങ്കിൽ തന്നെ തന്നെ നിലത്ത് വീണ് അഴുകുന്നൊരു ഗോതമ്പ മണിയായിട്ട് കത്താവ് കാണിച്ചു കൊടുക്കുമ്പോൾ അത് ഈ ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർക്ക് ധൈര്യം പകരാനായിട്ട് കത്താവ് കൊടുക്കുന്ന സാദൃശ്യം എന്താണ് ഒരു പ്രസവ ഒരു പ്രസവ ശിശു പിറക്കുന്നതുമായിട്ടുള്ള അല്പനേരം ഒരു ഗർഭകാലത്തെപ്പറ്റി അല്ല പറയുന്നത് ഒരു സ്ത്രീയുടെ പ്രസവവേദനയുടെ നാഴികയും ഒരു ശിശു ജനിക്കുന്നതിനും ഇടയിലുള്ള ഇടവേളയെ പറ്റിയാണ് ഈ അത്യന്ത ആഖനമുള്ള അല്ലെങ്കിൽ തേജസ്സിനു വേണ്ടി താൻ തന്നെ തന്നെ പറയുന്നത് പ്രിയപ്പെട്ട നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ സ്വയം ജീവൻ്റെ ആ താഴെയിടുന്ന ആ വിഷമം പിടിച്ച രംഗത്തും കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഈ സാദൃശ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ ഒരു പ്രസവ പോലെ നമുക്ക് അവരെ അത് അതേക്കുറിച്ച് കർത്താവ് പറയുന്നു ഒരു പ്രസവ പിന്നെ പിന്നെ അവർ കുഞ്ഞ് ലോകത്തിലേക്ക് പുറന്നിരിക്കുന്ന സന്തോഷനിമിത്തം അവൾ തൻ്റെ കഷ്ടം ഓർക്കുന്നേയില്ല കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇവിടെ ഡൽഹിയിൽ നിന്നും ഒരു സഹോദരൻ വരികയുണ്ടായി ഒരു ഉപത് തോമസ് സോറി സോറി ബ്രദർ ജോസഫ് അദ്ദേഹം മീറ്റിങ് കഴിഞ്ഞ് ആണ് വന്നത് അല്പത് ലേറ്റായി പോയി എങ്കിൽ കുറച്ച് സാധനമാർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിത സാക്ഷ്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം വളരെ സങ്കീർണമായൊരു ജീവിത പശ്ചാത്തലത്തിൽ ഒരുപാട് ഞെരുക്കങ്ങളുടെ മധ്യയെ വളർന്ന് പക്ഷെ അന്നരത്ഭുതകരമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാനിടയായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു തൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഓരോന്നൂരാ നോയ കർത്താവിൻ്റെ വെളിച്ചത്തിൽ കാണുവാനും തിരുത്തുവാനും അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടി തൻ യഥാർത്ഥത്തിൽ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ വന്ന ശേഷവും തനിക്ക് തൻ്റെ സഹോദരിയുമായിട്ട് ഒരു ഭാര്യയുമായിട്ട് യോജിക്കാൻ പറ്റാ പറ്റാത്തവണ്ണം തങ്ങൾ തമ്മിൽ വലിയൊരു വിടവുണ്ടായി അത് വളർന്ന് വളർന്ന് തനൊരു വിശ്വാസിയായിരിക്കെ തന്നെ ഈ ഭാര്യയെ എങ്ങനെയെങ്കിലും ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള ഒരു വാശിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയം വന്നു അദ്ദേഹം അന്നേരം വിശ്വാസിയാണ് അദ്ദേഹം പ്രാർത്ഥനയ്ക്കും മുടക്കമില്ല അദ്ദേഹം ആരാധകനാണ് പക്ഷെ അവിടെ ദൈവം നിരന്തരം ഈ സഹോദരന്റെ സ്നേഹത്തിൽ സഹോദരൻ വ്യക്തമായി സംസാരിക്കുകയും അദ്ദേഹം ഒഴിവഴിവുകൾ നോക്കണം ഓരോ പ്രാവശ്യം കർത്താവ് സംസാരിക്കുമ്പോഴും എന്തുകൊണ്ട് അവൾക്ക് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞുകൂടാ അല്ലെങ്കിൽ ആ ഭാര്യയുടെ വീട്ടുകാരും തനിക്കെതിരാണ് അവർക്ക് എന്തുകൊണ്ട് എന്നോട് വന്ന് രമ്യപ്പെട്ടുകൂടെ എൻ്റെ കീഴിലാണ് ന്യായം ഞാൻ ഇരുന്നൂറ് ശരി ചെയ്തപ്പോൾ അവർ അല്ലെങ്കിൽ പത്ത് തെറ്റാണ് എൻ്റെ ഉണ്ടായിട്ടുള്ളത് അവർ ഇരുന്നൂറ് തെറ്റ് ചെയ്തപ്പോൾ എൻ്റെ നീതി മാത്രമേ ഉള്ളൂന്ന് സ്വയം നീതീകരണത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ദൈവം തന്നെ താഴ്മയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ സഹോദരൻ ദൈവം ആവശ്യപ്പെട്ട് നീ പോയി നിൻ്റെ സഹോദരിയോട് ക്ഷമ ചോദിക്കണം കുടുംബത്തോട് ക്ഷമ ചോദിക്കണം ന്യായം മുഴുവൻ തൻ്റെ കയ്യിലായിരിക്കേ സഹോദരിയോടാ നിലയിൽ പോയി ക്ഷമചോദിക്കുവാനായിട്ട് മാസങ്ങളോളം കത്താവുമായിട്ട് മല്ലുപിടിച്ച ശേഷം ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ സഹോദരൻ ചെന്ന് അദ്ദേഹം പറഞ്ഞങ്ങനെ ഞാൻ തുഴുകൈയ്യോടെ മുഴുവൻ അതായത് വ്യവസ്ഥയില്ലാത്ത ഒരു മാപ്പപേക്ഷ ഞാൻ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് ഭാര്യയോട് ക്ഷമ ചോദിച്ച കാര്യം അദ്ദേഹം പറയുകയുണ്ടായി തൻ്റെ ആ ഭാര്യയുടെ ഭവനക്കാരോടും തനിക്കൊരുപാട് ന്യായങ്ങളൊക്കെ ചിന്തിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടും അതൊന്നും അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു ഒരു സമ്പൂർണമായ മാപ്പപേക്ഷ അത് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതാണ് അത് ആ ആ സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതം വ്യത്യാസമായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വന്ന സന്തോഷവും സമാധാനവും എത്രമാത്രമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടൊരു പ്രസവ വേദന പോലെയല്ലേ കത്താവ് പറഞ്ഞ ഈ മനോഹരമായ ഉപമ പോലെ പലപ്പോഴും അത് വേദനാജനകമാണ് നമുക്ക് ഒരു ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പക്ഷേ ആ കുഞ്ഞിനെ കാണാൻ തൻ്റെ മുഹൃദത്തിലുള്ള വാഞ്ചിയാണ് പലപ്പോഴും ഒരു സ്ത്രീയെ ആകാംക്ഷാപരിധിയായിട്ട് അടുത്ത നിമിഷത്തേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെ ഈ പ്രിയ ആ കുഞ്ഞിനെ ലഭിച്ചതുപോലെ നമുക്ക് എത്ര മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് ആ സഹോദരന് കടന്നു വരാൻ പറ്റി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി കഴിഞ്ഞു പലപ്പോഴും ഈ പ്രസവ വേദന പോലെയാണ് നമുക്ക് താഴുവാനായിട്ട് നമുക്ക് നുറക്കപ്പെടുവാനായിട്ട് നമുക്ക് ക്ഷമ ചോദിക്കുവാനായിട്ട് നമുക്ക് രമ്യപ്പെടുവാനായിട്ടൊക്കെ നമ്മുടെ ഹൃദയത്തിലുള്ള തടസ്സം നമ്മുടെ ജീവിതത്തിൽ മാറണമെങ്കിൽ നമ്മളീ അത് കഴിഞ്ഞുള്ള എന്ന് ജ്യോതി പറഞ്ഞതുപോലെ അത്യന്തമായ ഖനമായ ആ ഒരു ആ ദൈവത്തിൻ്റെ ആ മഹത്വം നമുക്ക് കാണുവാൻ പറ്റണം അവിടെയാണ് ഇവിടെ പറയുന്നുണ്ട് അത് അത് കൃത് പറയുന്നുണ്ടോ നിങ്ങൾ ഹൃദയം സന്തോഷിക്കും അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിരണ്ടാം അധ്യായവാക്യം ഇങ്ങനെ പറയുന്നു അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടും ഇങ്ങനെ തന്നെയാണ് ഈ പ്രത്യേക ചില സാഹചര്യങ്ങൾ നമ്മൾ കുറയേണ്ടവനായിട്ട് താഴെ വീണ് അഴിയേണ്ട ഒരു സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കൊരു ദുഃഖമുണ്ട് പക്ഷേ അവിടെ കർത്താവിൻ്റെ വാഗ്ദത്വമുണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല പ്രിയപ്പെട്ടവരെ ഈ സവിശേഷമായ ഈ മഹത്വമേറിയ ഉടയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചാണ് ഈ ചെറിയ സഭയിലാക്കി വച്ചിരിക്കുന്നത് കർത്താവ് ആ സമരീയക്കര സ്ത്രീയോട് നമ്മളിന്ന് ആരാധനയെ പറ്റിയും കേട്ടു ആരാധന യഥാർത്ഥ ആരാധന എന്താണെന്ന് സഹോദരൻ പറഞ്ഞു നമ്മൾ പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെയും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കാത്ത ഒരു ആരാധന ആരാധകരായിട്ട് നമുക്ക് തുടരാം ഒരു സഭയിൽ തുടർച്ചയായിട്ടല്ലെങ്കിൽ കൃത്യമായി വരികയും പോവുകയും ചെയ്യുമ്പോൾ തന്നെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെയും നമുക്ക് ആ സമൃദ്ധിയക്കാര്യ സ്ത്രീയെപ്പോലെ സംശയം എന്താണ് തന്നെ ജീവിതം പൂർണ്ണമായും വഴിതെത്തി നിൽക്കുമ്പോഴും കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അവരെന്താണ് ചോദിക്കുന്നത് ഞങ്ങളുടെ നിങ്ങൾ ശ്രീ അവനോട് യജമാനെ നാലാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യം യോഹനാന സുവിശേഷം നാലാമധ്യായത്തിൽ നീ ഒരു പ്രവാചകന്മാനെന്ന് ഞാൻ അറിയുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചിരുന്നു നമസ്കരിക്കേണ്ട സ്ഥലം യരുശലമില്ലാണെന്ന് നിങ്ങൾ പറയുന്നു നമുക്ക് ഒരു ആരാധനയെ പറ്റിയൊരു സംശയമാണ് അതിൻ്റെ ജീവിതം പൂർണ്ണമായും പൂർണ്ണമായും അന്ധകാരത്തിലായിരിക്കുമ്പോൾ തന്നെ ആരാധിക്കുന്നതിനെ പറ്റിയുള്ള വളരെ ബോധ്യമുള്ള ഒരു മകൾ നോക്കിയ കർത്താവ് എന്താണ് ചെയ്തത് അവിടെ അദ്ദേഹം കുറ്റപ്പെടുത്താതെ ഒരാരാധകനെ കത്താവ് കാണിച്ചുകൊടുക്കുക ആരാധനയ്ക്കപ്പുറത്ത് തന്നിൽ നിന്ന് തന്നെ തൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം തന്നിന്ന് പുറപ്പെടേണ്ട ഒരു കാര്യം ഒരു ആരാധകനായിട്ട് ഒരു അന്വേഷകനായിട്ട് നോക്കുക കത്താവ് പറയുന്നു പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു സത്യസമസ്കാരികൾ ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു അതൊക്കെ നമ്മളെ തന്നെ ഈ നിലയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വില കൊടുത്ത് നാം കണ്ടെത്തേണ്ട സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മെ തന്നെ ആ നിലത്ത് വീഴ്ത്തേണ്ട ആവശ്യങ്ങളും ഒരായിട്ട് നമുക്ക് നമ്മൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളും ഇങ്ങനെ ഒരു വ്യാജ ആരാധകരായിട്ട് മാറാൻ അപകടം നമ്മുടെ ജീവിതത്തിലുണ്ടാവും അവിടെ നോക്കി അവിടെ ആ സ്ത്രീ അത് ഏറ്റെടുത്ത് നോക്കി ഒരു ആരാധകയായി മാറുന്ന കാര്യമാണ് നമ്മളിവിടെ കാണുന്ന അവിടെ അവിടെ കാര്യങ്ങൾ തൻ്റെ ഹൃദയത്തിൽ പിടിച്ചപ്പോൾ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഇരുപത്തെട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് എന്താണ് പറഞ്ഞത് വലിയൊരു പ്രവാചകനെ ഞാൻ കണ്ടു ആരാധന എന്താണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നല്ല പറയുന്നത് മറിച്ച് തൻ്റെ ജീവിതത്തോട് ഉള്ള ബന്ധത്തിൽ ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമെന്ന് നോക്ക് അവിടെ ആരാധകൻ തൻ്റെ തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് തന്നെ തന്നെ മുറിക്കുന്നൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് അവൾ പറയുന്നത് തൻ്റെ സാക്ഷ്യം അതാണ് യേശുവിനെക്കുറിച്ച് തൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സാക്ഷ്യം എന്നെക്കുറിച്ച് എന്നെ എൻ്റെ പാപങ്ങൾ കാണിച്ചു തന്ന ഒരു വ്യക്തി ഞാൻ ഉടയ്ക്കപ്പെടേണ്ട ഞാൻ തകർക്കപ്പെടേണ്ട ഞാൻ താഴെ കാര്യങ്ങൾ കാണിച്ചു തന്ന എന്നെ രക്ഷിച്ച ഒരു കർത്താവ് നമുക്ക് സാക്ഷ്യമായിട്ട് മാറുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ ആരാധകയായിട്ട് മാറി പേര് നമുക്കും നമ്മുടെ ജീവിതത്തെ അവിടെ ചേർന്ന് തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന സഭയിലൂടെ പ്രബോധനത്തിലൂടെയും മറ്റ് സഹോദരന്മാരുടെയും നമ്മുടെ ജീവിത സാഹചര്യത്തിലും കർത്താവ് കാണിച്ച് തരുന്ന അവസരങ്ങൾ ഈ നിലയിൽ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ച് നമ്മെ തന്നെ താഴെ ഈ പറഞ്ഞ ഒരു ഗോതമ്പ് പോലെ താഴെ ഇടുവാൻ അഴിയുവാൻ വർദ്ധിച്ച ഫലം പുറപ്പെടുവിക്കാൻ നമ്മുടെ ജീവിതത്തെ കർത്താവിലെ കരങ്ങളിൽ വിശ്വസിച്ച് ഒരു പ്രസവ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് ഇടയ്ക്കുള്ള ഇടവേള എന്ന വണ്ണം സന്തോഷത്തിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുകയും സന്തോഷത്തോടെ ചെയ്യുവാനും നമുക്ക് ദൈവം ഈ നാളുകളുടെ ഇടത സാഹചര്യം തരട്ടെ നമുക്ക് ദൈവം സഹായിക്കട്ടെ അതിൻ്റെ പരിശുദ്ധാർമാവ്